ായിട്ട് കാശി പഞ്ചകത്തിനെ ഇന്നലെ ആദ്യത്തെ ശ്ലോകവും നാലാമത്തെ ശ്ലോകവും അല്പമൊന്ന് ചൊല്ലി തീർത്ഥം എന്ന് വെച്ചാൽ പവിത്രീകരിക്കുന്നത് എന്നാണ് അർത്ഥം എപ്പോഴാണ് പവിത്രത ഉണ്ടാവുന്നത് എപ്പോ പവിത്രീകരിക്കപ്പെടും അപവിത്രമായിട്ട് എന്താണ് ഉള്ളത് ചഞ്ചലമായ മനസ് തന്നെയാണ് അപവിത്രം ബഹിർമുഖമായ മനസ്സ് അപവിത്ര പവിത്രോ വ സർവാവസ്ഥ യസ്മരേത് പുണ്ഡരീകാക്ഷം സബാഹ്യാഭ്യന്തര ശുചിഹി എന്നൊരു ശ്ലോകം സാധാരണ ചൊല്ലും സങ്കല്പത്തിലൊക്കെ ൊല്ലും ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പാപത്തിനെയും എനലിസ്റ്റ് ചെയ്ത് പറയുകയും ചെയ്യും എത്ര അപവിത്രമാണെങ്കിലും സ്മരയത് പുണ്ടരീകാക്ഷം ആരാണ് ഭഗവാനെ സ്മരിക്കണത് സ ബാഹ്യ ആഭ്യന്തര ശുചി ആന്തരികവും ബാഹ്യവുമായി അയാള് ശുചിയായിട്ട് തീരും പുണ്ഡരീകാക്ഷൻ എന്നുവച്ചാൽ ഹൃദയസ്ഥനായ അന്തര്യാമിയാണ് അന്തര്യാമിയെ കാണുമ്പോ അഥവാ ആത്മജ്ഞാനം ഉള്ളിൽ തെളിയുമ്പോഴാണ് പവിത്രത ഉണ്ടാവുന്നത് പവിത്രത കാരണം ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഈ അഹങ്കാരമല്ല നിത്യശുദ്ധമായ സത്യമാണ് എന്ന് ഉള്ളില് കാഴ്ച ഉൾക്കാഴ്ച ഉണ്ടാവും ഇൻസൈറ്റ് ഉണ്ടാവും അതിന് ഒരു ക്ഷണനേരം ഉണ്ടായാൽ പോലും അത് സമാധി തന്നെയാണ് ജ്ഞാന സമാധി അത്തരത്തിലുള്ള ഉൾക്കാഴ്ച കൊണ്ടാണ് പവിത്രത ഉണ്ടാവണത് പരിശുദ്ധി ഉണ്ടാവുന്നത് നഹി ജ്ഞാനേനെ സദൃശം പവിത്രമിഹ വിദ്യത്തെ തത്സ്വയം യോഗ സംസിദ്ധ കാലിനത്മനി വിന്തതി ജ്ഞാനം പോലെ പവിത്രമായിട്ടൊന്നും തന്നെയില്ല ജ്ഞാനം എങ്ങനെ ഉണ്ടാവുന്നു ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പരഹ സംയത്തെന്ദ്രിയ ശ്രദ്ധ ഉണർന്നു കഴിയുമ്പോ ജ്ഞാനമുണ്ടാവുന്നു ഗുരുവാക്യ ശ്രവണം കൊണ്ടും അന്തർമുഖമായ വിചാരം കൊണ്ടും ക്രമേണ നമ്മളുടെ ഞാൻ എന്ന അനുഭവം ശുദ്ധ ചിത്തായിട്ട് സ്വതന്ത്രമായിട്ട് അവബോധമായിട്ട് ഉള്ളില് പ്രകാശിക്കും അവിടെ ഭഗവാൻ പ്രകാശിക്കും അന്തര്യാമി പ്രകാശിക്കും അത് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് സത്യം ജ്ഞാനം അനന്തം അതിന്റെ അനുഭവമോ ശാന്തിയാണ് മനസ്സ് എപ്പോ സമ്പൂർണമായി ഉപരമിക്കുന്നുവോ മനസ്സ് എപ്പോ ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങുന്നുവോ അപ്പോഴേ ശാന്തി ഉണ്ടാവുള്ളൂ മനസ്സ് മനസ്സമാധാനം എന്ന് പറയുന്ന വാക്ക് തെറ്റാണെന്നാണ് സമാധാനമുള്ളപ്പോ മനസ്സില്ല മനസ്സ് പ്രവർത്തിക്കുമ്പോ സമാധാനമില്ല മനസ്സ് എപ്പോ അടങ്ങുന്നുവോ നിശ്ചലമാവുന്നുവോ അതിന്റെ മൂലത്തിൽ അടങ്ങുന്നുവോ വാസനാമയമായി ചലിക്കാതിരിക്കുന്നുവോ ബോധപൂർവം ആ സ്ഥിതി നമുക്ക് വരുമ്പോ ഉറക്കത്തിൽ വരുന്നുണ്ട് ദിവസം അങ്ങനെയല്ലാതെ ബോധപൂർവം ജാഗ്രത അവസ്ഥയിൽ ജാഗ്രതയായിട്ടിരിക്കുമ്പോ അലേർട്ട്നെസ്സോടെ ഇരിക്കുമ്പോ നിശ്ചലത സ്റ്റിൽനെസ് വരുന്നുവോ ആ സ്ഥിതിക്കാണ് സമാധി എന്നു പേര് അവിടെ കേവലമായ ചിത്ത് ബ്രഹ്മം അഥവാ പരമാത്മ സ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കുന്നു ശാന്തി ആ ശാന്തിയാണ് എല്ലാ തീർത്ഥയാത്രയുടെയും സകലത്തിന്റെയും ലക്ഷ്യം ും നഗരമും നൽത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവരുമാനെൻ പാടുമിൻ പാടി പണിമിൻ പണിന്ത പിൻ കൂടിയ നെഞ്ചത്ത് കോയിലായിക്കൊള്ളവനെ എന്ന് തിരുമൂല തിരുമന്തിരത്തിലെ പാടി വെനക്കെട്ട് തീർത്ഥയാത്രയുമൊക്കെ ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും ചെല്ലു നാടും നഗരമും നത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവരുമാനെന്റു പാടുമെൻ ഈ ഭക്തന്മാരൊക്കെ അവിടെ പോയി പല ആ ക്ഷേത്രങ്ങളും ദർശിച്ച് ഭഗവാനെ പാടി അവസാനം നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനെ നമ്മൾ തേടി അലഞ്ഞ ഭഗവാൻ ഹൃദയത്തില് പ്രകാശിക്കാം അപ്പൊ തീർത്ഥയാത്ര വേണ്ടാന്ന് പറഞ്ഞില്ല തീർത്ഥയാത്രക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താ നമ്മൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് ധ്യാനം ചെയ്യാനും കഴിയില്ല തീർത്ഥയാത്ര കൊണ്ടാണ് സാധിക്കുന്നതെങ്കിൽ നടക്കട്ടെ ഏകാന്തമായി അങ്ങനെ നടന്ന് ഭഗവത് ധ്യാനം ചെയ്ത് തീർത്ഥയാത്ര പഴയകാലത്തൊക്കെ നടക്കലാണ് ഇന്നും ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് നടക്കാം നടന്ന് ഹൃദയത്തില് ഏകയേവ ചരയത് തസ്മാ കുമാര്യ ഇവ കങ്കണ എന്ന് ഭാഗവതം ഏകയേവ ചരയത്ത് തനീയ ഹൃദയത്തില് ധ്യാനിച്ചുകൊണ്ട് നടന്ന് സഞ്ചാര സമാധി അങ്ങനെ നടന്ന് നാമം ജപിക്കലൊക്കെ അങ്ങനെ പഴകാം നടന്നുകൊണ്ടൊക്കെ അപ്പൊ കാലിങ്ങനെ നടക്കും ഉള്ളിലെങ്ങനെ ജപം നടക്കും ഭഗവത് ധ്യാനം നടക്കും ആത്മവിചാരം നടക്കും അങ്ങനെയൊക്കെ പഴകി തീർത്ഥയാത്ര ചെയ്യുകയാണെങ്കിൽ അവസാന അതിന്റെ ഫലം എന്താ മനോനിവൃത്തിഹി പരമോപശാന്തി സാതീർത്ഥവര്യാമണികർണിക്കാച്ച മനസ്സ് പരിപൂർണമായി നിവൃത്തമായി പരമമായ ഉപശാന്തിയിലേക്ക് വരുന്നു ഉപരമണത്തിലേക്ക് വരുന്നു അത് തന്നെ തീർത്ഥം സത്സംഗത്തിൽ അത് എളുപ്പത്തിൽ നടക്കുന്നത് കൊണ്ട് ഭാഗവതം പറഞ്ഞു സത്സംഗം എവിടെ നടക്കുന്നു അവിടെ എല്ലാ നദികളും എല്ലാ തീർത്ഥ ക്ഷേത്രങ്ങളും എല്ലാ തീർത്ഥ സ്ഥലങ്ങളും എല്ലാ ഉണ്ടെന്നാണ് എന്താന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും എഫക്ട് എന്താ പരമോപശാന്തി മനോനിവൃത്തി ബഹിർമുഖമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് അന്തർമുഖമായി തിരിഞ്ഞ് തന്റെ പിറപ്പിടം എവിടെയോ അവിടെ വന്നിരിക്കുന്നു മനസ്സിന്റെ പിറപ്പിടം ആത്മാ തന്നെയാണ് ആത്മാവിൽ നിന്നല്ലാതെ മനസ്സ് എവിടെ നിന്ന് ഉദിക്കും മനസ്സുദിച്ച ശേഷമാണ് ജഗത്ത് മുഴുവൻ തോന്നണത് മനസ്സുദിച്ച ശേഷമാണ് ഞാൻ ഈ സെപ്പറേറ്റ് അസ്യൂംഡ് പേർസണാലിറ്റി ഉണ്ടാവുന്നത് വ്യക്തിത്വം ഉണ്ടാവുന്നത് അല്ലേ ഉറക്കത്തിൽ മനസ്സ് ലയിക്കുമ്പോ ഞാൻ എന്ന വ്യക്തിത്വം അറിഞ്ഞു പോണുവല്ലോ ലയമാവുമ്പോ മനസ്സ് ഉദിച്ച ഉടനെ ആദ്യം ഞാൻ എന്ന് തോന്നി ഞാൻ ഇന്ന ആളാണെന്നൊക്കെ തോന്നി പിന്നെ ഈ ജഗത്തിനെയൊക്കെ കാണുന്നു ഇപ്പോ നമ്മളെ കുറിച്ച് നമുക്കുള്ള ഐഡിയ ഈ മനസ്സ് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരാളാണിപ്പോ നമ്മള് ഞാനായിട്ടിരിക്കുന്നത് അതെന്റെ യഥാർത്ഥ ഞാനല്ല എന്റെ യഥാർത്ഥ ഞാൻ എന്റെ യഥാർത്ഥ സത്ത അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയണത് ഇല്ലല്ലോ എന്നാണ് ഡീപ് സ്ലീപ് സ്റ്റേറ്റില് നമ്മളുണ്ടോ ചോദിച്ചാൽ സാധാരണ ആളുകളുടെ എക്സ്പ്രഷൻ ഇല്ലല്ലോ എന്നാണ് അതായത് ഇപ്പൊ ഞാൻ ആരാണെന്ന് കരുതിയിരിക്കുന്നുവോ ആ ഞാൻ അവിടെ ഇല്ലാതാവുകയും പിന്നെ അവരോട് ചോദിച്ചാൽ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ പറയാം അതുണ്ടോന്നു അപ്പൊ ആ ജീവൻ ആരാണ് നിങ്ങളില്ല ഒരു ജീവൻ ഉണ്ടെന്ന് വെച്ചാൽ ജീവൻ വേറെ നിങ്ങൾ വേറെയാണോ അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഒത്തിരി ചിന്തിക്കുന്നത് അപ്പൊ ഓ ഞാനില്ല പക്ഷെ സത്തയുണ്ട് അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് എന്റെ ഉണ്മയായ ഞാനല്ല സുഷുപ്തി അവസ്ഥയിലും ഏതൊന്നുണ്ടോ സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ഏതൊന്നുണ്ടോ അത് എന്റെ യഥാർത്ഥ സത്തയാണ് അപ്പൊ ജാഗ്രത ശ്രദ്ധിച്ചാൽ പതുക്കെ പതുക്കെ നമ്മൾ വിചാരം ചെയ്ത് ഉള്ളിൽ പോകുമ്പോ നമ്മൾ പതുക്കെ കാണും നമ്മളെ തന്നെ പല സമയവും നമ്മള് വ്യക്തിയായിട്ടൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ഈ വ്യക്തിത്വം ഒന്നുമില്ല വ്യക്തിത്വം ചിന്തിക്കുമ്പോഴേ ഉള്ളൂ കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മളുടെ വ്യക്തിത്വം കാണുന്ന പോലെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ മാറിക്കഴിഞ്ഞാ ഇല്ല അല്ലെ അതേപോലെ ഞാൻ ഇന്ന് ഇമേജ് ചിത്തവൃത്തികൾ വരുമ്പോഴേ ഉള്ളൂ അപ്പൊ ചിത്തവൃത്തികൾ ഉദിക്കാതെ മൂലത്തിൽ അടങ്ങുന്നതാണ് പരമ ഉപശാന്തിഹി എന്ന് പറ മനോ നിവൃത്തി പരമോപശാന്തിഹി മനസ്സ് നിവൃത്തമാവുക ബഹിർമുഖമായി മനസ്സ് പോകുന്നത് പ്രവൃത്തിയാണ് അന്തർമുഖമായി മനസ്സ് തിരിയുന്നത് നിവൃത്തിയാണ് നമ്മളുടെ അധ്യാത്മ മുഴുവൻ മനസ്സിനെ അന്തർമുഖമായി തിരിച്ചുവിടുന്നതിലാണുള്ളത് അതിനെന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കണം പതുക്കെ പതുക്കെ അതിനെ ഉൾ ഉള്ളിലേക്ക് തിരിച്ചുവിടണം ഉൾനാടുത്തൊളിരും രമണ ഭഗവാൻ ആത്മവിദ്യ ആക്കീർത്തണം എന്ന ഒരു പാട്ടിൽ പറയണം ഉൾനാടുത്തൊളിലും അണ്ണാമലയേൻ ആന്മാ കാണുമേ അരുളും വേണുമേ അൻപണമേ ഇൻപു തോണുമേ ഉൾനാടുത്തൊളിരും അണ്ണാമലയിൻ ആൺമാ കാണുമേ മനസ്സ് ഉൺമുഖമാവുമ്പോഴാണ് അരുണാചലത്തിനെ ഹൃദയത്തിൽ കാണുന്നത് അപ്പോഴാണ് അതിനെന്തു വേണം അരുളും വേണുമേ അരുളന്ന് കൃപ സദ്ഗുരു കൃപയോ മഹാത്മാക്കളുടെ കൃപയോ സത്സംഗത്തിന്റെ ബലമോ എന്തിനാണ് നമ്മളുടെ ബഹിർമുഖമായിട്ടുള്ള മനസ്സിനെ ഉള്ളിലേക്ക് ഉൺമുഖമായി അന്തർമുഖനായിരിക്കുന്ന ഒരു ജ്ഞാനിയുടെ സമ്പർക്കം ഉണ്ടാവുമ്പോ നമുക്ക് നമ്മളുടെ മനസ്സ് നമ്മളെ അറിയാതെ അന്തർമുഖമാവും അവരിയ്ക്കുന്ന ഇരുപ്പ് അവരുടെ എന്താ രാമകൃഷ്ണദേവൻ പറയും അടയിരിക്കണ കോഴിയെ പോലെ ഉള്ള ഇരുപ്പ് എന്നാണ് അടയിരിക്കണ കോഴിയെ പോലെ അന്തർമുഖ ദൃഷ്ടിയോടുകൂടെ ഉള്ള യോഗികളുടെ ഇരുപ്പ് അതിന് പക്വതയുള്ള ആളുകളിലേക്ക് അത് പകർന്നു കിട്ടുമെന്നാണ് അപ്പോ സത്സംഗത്തില് നമ്മളറിയാതെ നമ്മളുടെ മനസ്സ് അന്തർമുഖമാവുകയും വിഷമമില്ലാതെ അന്തർമുഖത സിദ്ധിക്കുകയും മനസ്സ് നിവൃത്തമാവുകയും ചെയ്യും നിവൃത്തമാവുമ്പോ അതിന് മനസ്സെന്ന് പേരില്ല ചിത് ശക്തി എന്ന് പേര് പ്രവൃത്തമാവുമ്പോൾ അതിന് ചിത് ശക്തി എന്ന് പേരില്ല മനസ്സെന്ന പേര് ഒരേ സാധനം തന്നെയാണ് ലളിതാസനാമത്തിലുണ്ട് ചിത് ശക്തി ചേതനാരൂപം ജഡശക്തി ഹി ജഡാത്മിക അത് ബഹിർമുഖമാവുമ്പോ അത് ജഡശക്തി എന്നാണ് എന്ന് വെച്ചാൽ ഇറ്റ് കോൺസ്റ്റന്റ് കണക്ട് ഇനേർട്ട് തിങ്സ് അതുകൊണ്ട് അതിന് ജഡശശക്തി എന്നു പേര് അത് തന്നെ അന്തർമുഖമായി നമ്മളെ ഭഗവാന്റെ അടുത്ത് നമ്മളുടെ തന്നെ മൂലത്തിലേക്ക് നമ്മളെ ബന്ധിക്കുമ്പോൾ കണക്ഷൻ അങ്ങടൊക്കെ ആക്കി തരുമ്പോൾ അത് ചിത് ശക്തി എന്ന് പേര് നമ്മൾ നാമം ജപിക്കുന്നതും ധ്യാനം ചെയ്യുന്നതും അതിനു വേണ്ടിയാണ് മനസ്സിനെ അന്തർമുഖമാക്കാണ് നമ്മൾ അന്വേഷിക്കുന്ന വസ്തു നമ്മളുടെ പിറപ്പിടത്തിൽ മൂലത്തിൽ തന്നെ ഉണ്ട് അവിടെ ചെന്ന് നമ്മളുടെ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കി നമ്മളുടെ മരണത്തിനെ നമ്മൾ തന്നെ കാണുകയാണ് എന്നുവെച്ചാൽ നമ്മളെന്ന് ധരിച്ചിരിക്കുന്ന ഈ വ്യക്തിത്വം അജ്ഞാനകൃതമായ ഈ ഇമേജ് അത് സമ്പൂർണമായി ഇല്ലാതാവണതും നിത്യശുദ്ധമായ സത്യം ഹൃദയത്തിൽ പ്രകാശിക്കുന്നതും നമ്മൾ തന്നെ കാണുന്നു അപ്പോഴാണ് പരമോപശാന്തി പരമമായ ശാന്തി ശാന്തി തന്നെയാണ് ജ്ഞാനം ശാന്തി തന്നെയാണ് മോക്ഷം ശാന്തി തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം ശാന്തി തന്നെയാണ് ഭക്തിയുടെ പരമമായ ക്ഷ്യം വാസ്തവത്തിൽ ശാന്തി ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവൻ മറ്റൊന്നും പിന്നെ ആഗ്രഹിക്കില്ല ബാക്കി എല്ലാ അനുഭവങ്ങളും മനസ്സിന്റെ സഹായത്തോടു കൂടിയുള്ളതാണ് വികാരങ്ങളോടുകൂടി ഉള്ളതാണ് ശാന്തി വികാരമല്ല ശാന്തിയെ അനുഭവിച്ച് കഴിയുമ്പോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക ശാന്തി ഒരു വികാര അനുഭവമല്ല എത്ര നേരം വേണമെങ്കിൽ അതിലിരിക്കാം അത് നമ്മളുടെ സ്വരൂപമാണ് ശാന്തി നമ്മളുടെ സ്വരൂപമാണ് മനസ്സ് വന്നതിൽ മൂടുപടമിടുമ്പോഴാണ് ഒന്നിൽ ചിത്തവൃത്തികൾ ഉദിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ചെയ്യുന്നത് രണ്ടും മനസ്സാണ് മനസ്സിന് രണ്ടു കാര്യമേ അറിയുള്ളൂ ഐദർ ഇറ്റ് പ്രൊഡ്യൂസ് തോട്ട്സ് ഓർ ഇറ്റ് ക്രിയേറ്റ് ഓർ ഇറ്റ് ഗോ ടു സ്ലീപ് ഉറക്കവും മനസ്സിന്റെയാണ് ചിത്തവൃത്തികളും മനസ്സിന്റെയാണ് ഉണരരുതിന് ഉറങ്ങിടാതിരുന്നിടേണം അറിവായി അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം ഉണരരുതിന് ഉറങ്ങിടാതിരുന്നിടയണം അറിവായി ഉണരരുത് എന്ന് വെച്ചാൽ ചിത്തവൃത്തികളെ പൊന്തിക്കരുത് എന്നാണ് ഉറങ്ങിടാതിരുന്നിടയണം ചിത്തവൃത്തികളെ അടക്കിയാൽ എന്തിയും ഉറങ്ങും അല്ലേ പലരും നാമം ജപിക്കുന്നതൊക്കെ എന്തിനാ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി നാമം ജപിച്ചാൽ നല്ലവണ്ണം ഉറക്കം വരും നാമം ജപിക്കാൽ നാമം ജപവും ഉറക്കവും കൂടെ കണക്ഷൻ ആണ് നാമം ജപിക്കുമ്പോ എന്താവുന്നു ബഹിർമുഖമായ മനസ്സ് ചിത്തവൃത്തികൾ ഉദിക്കാൻ അനുവദിക്കാതെ ആവുമ്പോ പിന്നെ അതിന് ഒരു പോക്കിടമേ ഉള്ളൂ ഉറക്കം അപ്പോഴും മനസ്സ് ജീവിക്കുന്നു അപ്പൊ ഉറക്കമില്ല ഉറക്കത്തിനാണ് ലയം എന്ന് പറയണത് ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ട ഒരു ഉറക്കമുണ്ട് അതുപോട്ടെ പക്ഷെ നമ്മളുടെ അധ്യാത്മ വിഷയത്തിൽ സാക്ഷാത്കാര മാർഗത്തിലേക്ക് നമ്മൾ ധ്യാനത്തിനും ആത്മവിചാരത്തിനും ശ്രമിക്കുമ്പോ മനസ്സ് എന്ത് ചെയ്യും ഉറങ്ങിപ്പോകും ഒരു രാവണ ഭഗവാൻ വിരൂപാക്ഷ ഗുഹയിലിരിക്കുമ്പോ സന്യാസി വേഷം കെട്ടിയിട്ടുള്ള ചിലർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മഹർഷിയെ അപ്പൊ അതിൽ ബാലാനന്ദൻ എന്ന് പറഞ്ഞിട്ട് മഹർഷിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ മഹർഷി മിണ്ടാതിരിക്കണത് കൊണ്ട് മഹർഷിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയും ഇന്ത് കുഴന്ത എന്നോട് ശിഷ്യൻ ഈ ഈ കുട്ടി ശിഷ്യനാണ് പണമൊക്കെ വെച്ച് നമസ്കരിക്കും എന്നൊക്കെ പറയും വരുന്ന വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ എടുത്തൊക്കെ എന്നിട്ട് അതൊക്കെ പോകും എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു ഞാൻ എന്റെ ശിഷ്യന് നിർവികൽപ്പ സമാധി പറഞ്ഞു കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു മഹർഷിയുടെ തലയിലൊക്കെ പിടിച്ച് പ്രാണൻ പ്രാണനെ അടക്കിക്കോളൂ ഞാൻ നിനക്ക് നിർവികൽപ്പ സമാധി തരാൻ പോവണം എന്നൊക്കെ പറഞ്ഞ് അതൊരു തമാശ വാസുദേവ ശാസ്ത്രി ചിലണ്ടായിരുന്നു അവരുടെ അവരുടെയൊക്കെ മുമ്പില് ഞാനിതാ എന്റെ ശിഷ്യനെ നിർവികല്പ സമാധി കൊടുക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് നാടിയെ പിടിക്കലും പ്രാണനെ പിടിക്കലും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു മഹർഷി ഒരു അനക്കുമില്ലാതെ കണ്ണ് തുറന്ന് നിശ്ചലമായിട്ട് ഇരിക്കുന്നുണ്ട് പ്രാണനെ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് നോക്കൂ ഞാനിതാ നിർവികല്പ സമാധിയിലേക്ക് പ്രവേശിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് മൂപ്പരി ഇരുന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞത് ഉറങ്ങി പോയി മുമ്പേ ഉറങ്ങി പോയി അധികം പേര് ധ്യാനവും എങ്ങനെയാണ് ധ്യാനിക്കാൻ എന്ന് പറഞ്ഞ ഉള്ളിൽ പോയാൽ ഉറക്കത്തിൽ പോവും നമ്മളുടെ ജന്മത്തിന് പുറകിൽ ഉറക്കമുണ്ട് ആ ഉറക്കത്തിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് നമ്മള് ആ ഉറക്കത്തിന്റെ തിരശീലയാണ് സത്യത്തിനും നമുക്കും നടുവില് നിൽക്കുന്നത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ തിരശീലയിൽ ഓരോ നാരായു പിഴുത്തെടുത്ത് ആ തിരശീല തന്നെ ഇല്ലാതാക്കണവര് നമ്മൾക്ക് സത്യദർശനം പൂർണമാവില്ല പല രാഗദ്വേഷങ്ങൾ കൊണ്ടും പല വസ്തുക്കളോടുള്ള ആസക്തി കൊണ്ടും ദേശകാലനിമിത്തങ്ങളായി മാറി കാലാതിയാകിയ മൃദുനീലാ നൂലാലെ നെയ്യുമൊരു ലീലാപട്ടം ഭവതി മെയ് ആ മഹാമായ കാലാതിയാകിയ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ദേശകാലനിമിത്തങ്ങളാവുന്ന നൂല് കൊണ്ട് നെയ്തു പിടിപ്പിച്ചിട്ടുള്ള ഒരു പടം ഒരു തിലശീല ആ തിരശീലയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് അതിന് ആവരണം എന്ന് പറയണു ആ ആവരണം സത്യത്തിനെ മറച്ചിരിക്കും അതുകൊണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിയുമ്പോഴും ബോധിക്കണില്ല എത്ര കേട്ടാലും ബോധിക്കണില്ല ആ തിരശീലയിൽ ഓരോ നൂലായിട്ട് പിഴുത്തെടുക്കുകയാണ് നമ്മൾ സാധനയിലൂടെ ചെയ്യണത് അല്ലേ ഒരു സ്ക്രീനിൽ ഓരോ നൂലായി എടുത്തിട്ട് അവസ്കാരം സ്ക്രീൻ ഇല്ലാതാക്കണ പോലെയാണ് രാഗദ്വേഷം ഇല്ലാതാക്കുകയും ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുകയൊക്കെ സദ്ഗുരു കൃപ ഉണ്ടാകുമ്പോൾ തന്നെ തന്നെ നിരാവരണ ദൃഷ്ടികളായിട്ട് തീരുന്നതാണ് ആവരണം ഒഴിഞ്ഞു പോകുന്നു ആവരണം ഒഴിയുമ്പോ അപരോക്ഷമായി സത്യം പ്രകാശിക്കും ഉള്ളിലുള്ള മറ മനസ്സ് നിവൃത്തമാവുമ്പോ പരമമായ ശാന്തി ഉണ്ടാവും ആ പരമമായ ശാന്തി നമ്മളുടെ വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്ന സത്ത ഉണ്ട് എന്നുള്ള അനുഭവം അതോടുകൂടെ ഞാൻ എന്ന് പ്രകാശിക്കുന്ന ഈ വസ്തു അത് തന്നെ ശാന്തിയെ സ്വരൂപമായി ജ്വലിക്കും ഭ്രാജത് വിഭ്രാജതേതദ് വിഭ്രാജമാനം അത് പ്രകാശിക്കും അതിനാണ് പരമശാന്തി എന്ന് പറഞ്ഞത് ആ പരമശാന്തിയെ ഉള്ളിൽ ഒരിക്കൽ അനുഭവിച്ചാൽ പരിപൂർണമായ തൃപ്തി വീണ്ടും വീണ്ടും അങ്ങോട്ട് പോവാനുള്ള ആകർഷണ ഉള്ളിൽ ഉണ്ടാവും ശ്രീരാമകൃഷ്ണദേവന് ഉദാഹരണം പറയും ഈ പഴയ കാലത്ത് നെല്ലു വെച്ചിരിക്കുന്ന നെല്ലറയ്ക്കുള്ളിലെ പാമ്പും എലിയും ഒക്കെ വരും എന്ന് പറഞ്ഞാൽ അതിന് കാവലായിട്ട് ഒരു കീരിയെ നിർത്തുവാത്രയും അപ്പൊ കീരിക്ക് കുറച്ച് ഇതൊന്ന് ഭക്ഷണം തിന്നാം കാവലിൽ നിൽക്കുന്നത് പക്ഷെ ആ കീരിക്ക് അധികം ഒന്നും തിന്നാൻ പറ്റില്ല അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കീരി മുകളിൽ തൂണിന്റെ മേലെ ഒരു ചെറിയൊരു കൂട് കെട്ടിയിട്ട് അതിനകത്താണ് ഇരുത്തുക അതൊന്നും വേണമെങ്കിൽ പുറത്ത് ചാടി അതിന് ചുവട്ടിൽ വന്ന് ഇറങ്ങാം പക്ഷെ മറ്റേ സൈഡിൽ ഒരു കയറ് കെട്ടിയിട്ട് വളരെ വെയിറ്റിൽ ഒരു കല്ല് തൂക്കിയിട്ടുണ്ടാവും ആ കല്ല് ചുവട്ടിൽ ഇറങ്ങും തോറും കീരി മോളിൽ പോകും അത് ചുവട്ടിൽ അധികനേരം നിന്ന് അതിന് തിന്നാൻ പറ്റില്ല കുറച്ച് മെനക്കെട്ട് ചുവട്ടിൽ വന്നിത്തിരി ഭക്ഷിച്ചു കഴിയുമ്പോഴേക്കും മോളിലേക്ക് അത് വലിക്കും അങ്ങനെ എന്തോ ഒരു അറേഞ്ച്മെന്റ് അതേപോലെ ഉള്ളിൽ ഈ വസ്തുവിനെ കണ്ടു കഴിയുമ്പോ പുറത്തൊക്കെ ഒരു പക്ഷെ പഴയ ബാസന കൊണ്ട് ആകർഷണം ആ ഉള്ളിൽ കണ്ടത് ഉള്ളിലേക്ക് വലിക്കും ഉള്ളില് കണ്ട വിശ്രാന്തി സ്ഥാനത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോകും ആ സുഖത്തിനെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഒരു കാക്ക കപ്പലിന്റെ മേലെ ഇരുന്നു കപ്പല് സമുദ്രത്തിൽ പോയി കുറെ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് കാക്ക അറിയണത് ഇപ്പൊ കാക്ക കുറച്ചു ദൂരം കിഴക്കോട്ട് പറന്നു അറ്റം കര കാണാനില്ല തിരിച്ച് കപ്പലിൽ തന്നെ വന്നിരുന്നു വടക്കോട്ട് പറന്നു കര കാണാനില്ല കപ്പലിൽ തന്നെ വന്നിരുന്നു പടിഞ്ഞാറ് പറഞ്ഞു കര കാണാനില്ലാ കപ്പലിൽ വന്നിരുന്നു തെക്കോട്ട് പറഞ്ഞു വീണ്ടും കപ്പലിൽ വന്നിരുന്നു അവസാനം കാക്ക തീരുമാനിച്ചു ഇനി പറക്കണില്ലാന്ന് തീരുമാനിച്ചു കപ്പലിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു കപ്പൽ എന്നുള്ള ഒരു വിശ്രമസ്ഥാനം ഉണ്ടെന്ന് കണ്ട കാക്കയെ പോലെ ഈ മനസ്സും വിശ്രമസ്ഥാനത്തിനെ കണ്ടിട്ട് പുറത്തു പോവുകയും പുറത്ത് വിശ്രാന്തി ഇല്ലെന്നും സുഖമില്ലെന്നും ദുഃഖമാണോ ഉള്ളതെന്നും വിവേക പതുക്കെ പലവട്ടം ഇങ്ങനെ പോയ ഈ കാക്ക അവസാനം കപ്പൽ വന്നിരുന്ന പോലെ പുറത്തൊക്കെ അലഞ്ഞ് സർവത്ര ദുഃഖമാണോ ഉള്ളത് ഇനി ഒന്നും നേടിയെടുക്കാനില്ലെന്ന് നല്ലവണ്ണം ബോധ്യമാവുന്ന ചിത്തം അവസാനം വിശ്രമം തന്നിലാണുള്ളത് വിശ്രാന്തി തന്നിലാണുള്ളതെന്ന് അറിഞ്ഞ് പരമമായ വിശ്രാന്തിക്ക് തയ്യാറെടുത്തുകൊണ്ട് പരമോപശാന്തി ചിത്രം തന്നിൽ തന്നെ വന്നിരിക്കും അതിന് അഭ്യസിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത് ഭഗവാൻ ഗീതയിൽ ആ യോഗത്തിനെയാണോ പറഞ്ഞത് അഭ്യാസേനു കൗന്തേയ വൈരാഗ്യേണച്ച ഗൃഹ്യത്തെ വൈരാഗ്യവും അഭ്യാസവും കൊണ്ട് പതുക്കെ പതുക്കെ പശുവിനെ കൊട്ടിലിൽ കൊണ്ടുവന്ന് കെട്ടണ പോലെ അതിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടണ പോലെ കെട്ടിയിടാം മനസ്സിനെ ആത്മാവിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരിക എന്തെന്തു വിഷയങ്ങളിൽ പെട്ടി മനസ്സ് കിടക്കുന്നുവോ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ അതിനെ നിവർത്തിപ്പിച്ചു കൊണ്ടുവരിക അശ്വമേധത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അശ്വമേധത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം അശ്വമേധത്തിനൊരു കുതിരയെ തെരഞ്ഞെടുക്കും രാജാക്കന്മാർ എന്നിട്ട് ആ കുതിരയ്ക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ പൂജിച്ച് ആരാധിച്ച് അതിനെ പോഷിപ്പിച്ച് വളർത്തി എല്ലാം ചെയ്തിട്ട് അവസാനാ ആ കുതിരയ്ക്ക് പുറകിൽ ഒരു കാവൽക്കാരനെയും ഒരു പടയാളിയും ആ കുതിരയെ നാട്ടിലൊക്കെ വിടും എല്ലാ രാജ്യത്തിലും വിടും എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് അവസാനം തിരിച്ച് അതിന്റെ സ്ഥാനത്ത് തന്നെ വരുമ്പോൾ കുതിരയെ ഹോമിക്കും വവ ഹോമിക്കും ഇങ്ങനെയാണ് അശ്വമേധം നടത്തിയ രാജാക്കന്മാർ ഇത് ആന്തരികമാണ് ശ്രുതി പറയണത് കുതിര അതിനെ നല്ല പണം പഠിപ്പിച്ച് സത്സംഗത്ത് നിന്നൊക്കെ അറിഞ്ഞ് വിവേകണ്ടാക്കി ആയി വിവേകമാവുന്ന പടയാളിയോടുകൂടെ ലോകത്തിലേക്ക് വിട്ടാക്കുകയാണ് പോകുമ്പോൾ അവിടെ അവിടെ ഓരോ വിഷയങ്ങളിലും ഓരോ ദുഃഖിപ്പിക്കുന്ന ശത്രുക്കളുടെ കയ്യിലും പോയി പെടുകത് അതൊക്കെ യുദ്ധം ചെയ്ത് അവിടുന്ന് അതിനെ വിടുപ്പിക്കണം ഇങ്ങനെ കുറെ കഴിഞ്ഞ് അവസാനം സർവത്ര ദുഃഖമുണ്ടെന്ന് കണ്ടാൽ മനസ്സ് തിരിച്ച് താൻ തൻ്റെ പിറപ്പിടത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ജ്ഞാനമാവുന്ന അഗ്നിയിലാവും മനസ്സിന് ഞങ്ങൾ ഹോമിച്ച് അസ്തമിച്ചാൽ ശരിയായ അശ്വമേധമായി അപ്പോഴാണ് അതിന് അശ്വമേധം എന്ന് പറയുന്നത് അപ്പോഴാണ് ഉപനിഷത്ത് ജനിക്കുന്നത് ജ്ഞാനം ഉണ്ടാവുന്നത് അപ്പോ പുറമേക്കുള്ള മനസ്സ് യോ യോ നിശ്ചരതി മനഃശഞ്ചലമസ്ഥിരം തതസ്ഥതോ നിയമ്യേത ആത്മന്യവശം നശാന്തമനസം ഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമശം യഥോയതോ നിശ്ചരതി മനസ് ചഞ്ചലമസ്ഥിരം മനസ്സ് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണോ പുറത്ത് ചഞ്ചലമായിട്ട് പോണത് എന്തെങ്കിലും ആഗ്രഹം കൊണ്ടോ എന്തെങ്കിലും വിഷയങ്ങളോടുള്ള ആകർഷണം അതിനെ അതിനെ നീക്കിയിട്ട് തതസ്ഥതോ നിയമ്യ ആത്മന്യവശം നയേത് തന്നിലേക്ക് തന്നെ കൊണ്ടുവരിക പ്രശാന്ത മനസം മനസങ്ങനെ പ്രശാന്തമാവുമ്പോ സുഖം ഉപൈതി ഒരു സുഖമുണ്ടാവും ശാന്തരജസം സുഖം രജോ ഗുണമേ ഇല്ലാത്തതും ശാന്തീയെ ശീതളതയെ അതിന്റെ സ്വരൂപമായിട്ടുള്ളതും സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്തശീതളതാ ച ഇന്ദോ ഇവോദേ വിചാരിണ അങ്ങനെ ആത്മവിചാരം കൊണ്ട് പതുക്കെ പതുക്കെ മനസ്സതിൻ്റെ മൂലത്തിൽ അടങ്ങുമ്പോൾ സമുദ്രത്തിനെ പോലെ ആഴവും മേരുപർവ്വതം പോലെയുള്ള ഉറപ്പും പൂർണ്ണ ചന്ദ്രനെ പോലെയുള്ള കുളിർമയും അയാളിൽ ഉദിക്കുന്നു എന്നാണ് ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠൻ സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി തന്റെ തീരുമാനങ്ങളിൽ മേരുപർവ്വതം പോലെയുള്ള ഉറപ്പ് അന്ത ശീതളത ഉള്ളിൽ കുളിർമ പൂർണചന്ദ്രനെ പോലെ യുവതി വിചാരിണ ഇതൊക്കെ രാമനിലുണ്ടായിരുന്നു എന്നുള്ളതിന് വാൽമീകി രാമായണവും വാസിഷ്ഠവും കൂടെ ചേർത്ത് നോക്കിയാൽ കാണാം വാസിഷ്ഠം ഗ്രന്ഥത്തിൽ നിന്നും വാൽമീകി രാമായണം പിരിഞ്ഞു പോയതാണ് നമുക്ക് രാമായണത്തിന് ശരിക്കും അങ്ങോട്ട് പിടികിട്ടാതാവണത് അതുകൊണ്ടാണ് അധ്യാത്മരാമായണം എഴുതിയത് വ്യാസൻ ശ്രീരാമൻ പട്ടാഭിഷേകമൊക്കെ വിഘ്നമായിട്ട് കാട്ടിലേക്ക് വരുമ്പോ വനവാസത്തിന് വരുമ്പോ ഭരദ്വാചാശ്രമത്തിലേക്ക് വന്നു ഭരദ്വാജൻ പ്രതീക്ഷിച്ചത് തന്റെ രാജ്യം നഷ്ടപ്പെട്ട് ദുഃഖിതനായി വിഷണ്ണനായിട്ട് വരുന്ന ഒരു ചക്രവർത്തി കുമാരനെയാണ് പക്ഷെ ഭരദ്വാജൻ കണ്ടതും ശ്രീരാമൻ ആശ്രമ കവാടത്തിലേക്ക് ആശ്രമത്തിനകത്തേക്ക് കയറിയപ്പോ ഭരദ്വാജ ആശ്രമം ശാന്തി കൊണ്ട് നിറഞ്ഞു ഒന്ന് ഒന്ന് ഒന്ന് ആലോചിക്കണം വാൽമീകി രാമായണത്തിലോ യോഗ വാൽമീകി ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ടെന്നല്ലാതെ വാസിഷ്ടത്തിൽ പൂർണമായും രാമൻ ഒരു സത്യജിജ്ഞാസ്യവും സത്യത്തിനെ അറിഞ്ഞ ജ്ഞാനിയുമാണ് അവതാരമായിട്ടല്ല പക്ഷെ സത്യത്തിനെ അറിഞ്ഞ ഞാൻ ഈ അവതാരമാണെന്ന് വേണമെങ്കിലും പറയാം കാരണം അയാളിലേക്ക് അന്തറിയാമി അവതരിച്ചു കഴിഞ്ഞു അപ്പൊ രാമൻ ഭരദ്വാജാശ്രമത്തിൽ പ്രവേശിച്ച് ഭരദ്വാജൻ ശ്രീരാമചന്ദ്രനെ കണ്ട് ശ്രീരാമനെ ആശ്രമത്തിൽ താമസിക്കാൻ അല്പം നിർബന്ധിക്കുകയും ചെയ്തു അപ്പോഴൊന്നും ശ്രീരാമൻ അതാ സമ്മതിച്ചില്ല എനിക്ക് എവിടെയെങ്കിലും ഏകാന്തമായി താമസിക്കാൻ സ്ഥലം കാണിച്ചു ഞാൻ ഇവിടെ താമസിച്ചാൽ ആ എന്നെ കാണാൻ വരുന്ന ആളുകൾ ആശ്രമത്തിന്റെ ശാന്തി ഇല്ലാതാക്കി തീർക്കും അതുകൊണ്ട് എനിക്ക് വേറെ സ്ഥലം കാണിച്ചു എന്ന് പറയുമ്പോൾ ഭരദ്വാജൻ കൂടെ ചെന്ന് ചിത്രകൂടപർവ്വതം കാണിച്ചു കൊടുക്കാണ് പുറമേക്കൊക്കെ രാമന്റെ പെരുമാറ്റം സാധാരണ ഒരു പ്രാകൃത മനുഷ്യനെ പോലെയാ കരയുന്നു ചിലപ്പോ ഭരദ്വാജൻ കരുണയോടുകൂടെ കൂട്ടിക്കൊണ്ടുപോയി ചിത്രകൂടം കാണിച്ചു കൊടുത്തപ്പോ ലക്ഷ്മണനോട് പറയുന്നു എത്ര അനുകമ്പയാണ് ഈ ഋഷിക്ക് ഒന്നുമില്ലാതെ കാട്ടിൽ തെണ്ടാമെന്ന നമുക്ക് ഈ ഋഷി അനുകമ്പ കാണിക്കുന്നുവല്ലോ എന്നോ മുനി അനുകമ്പത്തെ എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരു പ്രാകൃതമായി ചിത്രീകരിച്ചു കൊണ്ട് ലക്ഷ്മണനോട് പറയൂ അത് കഴിഞ്ഞിട്ടാണ് ഭരദ്വാജം മുനി അവിടെ തന്നെ വാൽമീകിയുടെ ആശ്രമം ഉണ്ട് ഭരദ്വാജന്റെ ഗുരുവാണ് വാൽമീകി ഭരദ്വാജൻ വാൽമീകിയോട് ചോദിക്കുന്നതായിട്ടാണ് വാസിഷ്ഠം ഈ രാമന് എന്താണ് വൈശിഷ്ട്യം രാമൻ അടുത്ത് വരുമ്പോ അത്തരത്തിലൊരു ശാന്തി ഉണ്ടാവുന്നു സമുദ്രം പോലെ ഒരാഴം മേരുപർവതം പോലെ തന്റെ തീരുമാനങ്ങളിൽ ഉറപ്പ് തുഷാരകര എല്ലാം പൗർണമി കാലത്തുള്ള ചന്ദ്രനെ പോലെ ശുദ്ധവും സ്വച്ഛവും നിരാകുലവുമായ ഹൃദയം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അതും രാജകുമാരനായി അരമനയിൽ വളർന്ന് രാജ്യഭോഗത്തിന് ഉപേക്ഷിച്ച് കാട്ടിൽ കയറിയ ആൾക്ക് ഒരു സന്നിധി സാന്നിധ്യം എവിടെ അപ്പോഴാണ് ശ്രീരാമചന്ദ്രന് വശിഷ്ഠൻ ഉപദേശിച്ച ബ്രഹ്മവിദ്യയെ കുറിച്ച് വാൽമീകി ഉപന്യസിക്കണത് അങ്ങനെയാണ് യോഗവാസ ഇഷ്ടം ആരംഭിക്കണത്